ഉം Mm-hmm. <coughs> ഇവിടെ പറയുന്നത് ആത്മാചരോ വിമൃക്തർ വിശോക്കോ എന്നിങ്ങനെയുള്ള പ്രജാപതിയുടെ ഉപദേശത്തിൽ നിന്നാണ് ഇത് ഭാഷകാലം പറയുന്നത് ഇത് പരമ്പരയിലൂടെയുള്ള ഉപദേശം ഗുരുപരമ്പരയിലൂടെ വരുന്ന ഉപദേശം അത് കേട്ടുകൊണ്ടാണോ ഇന്ദ്രനും വിരോചനും െ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രജാപതിയെ സമീപിക്കുന്നത് സവിജ്ഞാസിത എന്നുപദേശത്തിൽ തന്നെ പറയുന്നു ഇത് വിശേഷിച്ചറിയേണ്ടതാണ് ഇത് സംശയരഹിതമായി അറിയേണ്ട കാര്യമാണ് ഇത് രണ്ടുപേരും കേട്ടു രണ്ടു കൂട്ടരും അസുരന്മാരും ദേവന്മാരും മകൻ ദേവരാജാവായ ഇന്ദ്രനും മസുരരാജാവായ വിരോചനും രണ്ടുപേരും സമീപിക്കും അങ്ങനെ തുടങ്ങിയത് അവിടെ ധോത്രം ശതം വർഷമാണ് ബ്രഹ്മചരിയും ഊഷതു മുപ്പത്തിരണ്ട് വർഷം ബ്രഹ്മചര്യനുഷ്ഠിച്ചു എന്നിട്ട് ചോദിച്ച പ്രജാപതിയോട് ഊച്ചു രണ്ടുപേരും പറഞ്ഞു ഞാത്മാഹത്ത് പാത്മാ വിജരോ വിമൃത്ത വിശോക്കോ വിജകി സ്വപിപാസ്വനിഷ്ഠവ്യ എന്നിങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് പ്രജാപതി നേരിട്ടാദ്യ ഉപദേശിച്ചെന്താണോഷുവാണിണി പുരുഷോ ദൃശ്യത ആദ്യം നിർദ്ദേശിക്കുന്ന അക്ഷപുരുഷനെ കുറിച്ചാണ് സ ആത്മാഷപുരുഷനാണ് ഉദ്ദേശിച്ചത് കണ്ണിൽ കാണുന്ന പുരുഷൻ കണ്ണിൽ അവനവന്റെ കണ്ണിലാർക്കും പുരുഷനെ കാണാൻ കഴിയില്ല മറ്റൊരാളുടെ കണ്ണിൽ നോക്കിയാല് കാണാൻ കഴിയും ഒരു പ്രതിബിംബം ഇതാണോ അക്ഷപുരുഷൻ സംശയം തീർക്കാൻ വേണ്ടി പറഞ്ഞു യു എം ഭഗവു വാപ്സ് പരീക്ഷായത് എസ് ആദർശ ജലത്തിൽ നോക്കിയാൽ കാണാം കണ്ണാടിയിൽ നോക്കിയാൽ കാണാം ഇതാണോ ആത്മാവ് ആ പ്രജാപതി പറഞ്ഞു അതുതന്നെയാണ് സംശയമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക പാത്രത്തിൽ വെള്ളം നിറച്ച അതിലേക്കൊന്ന് നോക്കുക എന്നിട്ടെന്താ കാണുന്നു പറയുക അവിടെ എന്താ കാണുന്നത് സർവം ഏവ ഇതം ആവാം ഭഗവാത്മാനം പശ്യാവ ആലോമഭ്യ ആ നഖേഭ്യ പ്രതിരൂപം ഇവിടെ ഞങ്ങൾ കാണുന്നത് ഞങ്ങളുടെ പ്രതിബിംബമാണോ നഖങ്ങളും കാൽ പാദം മുതൽ ശിരസ് വരെ നഖങ്ങൾ മുതൽ രോമം വരെ ഇതാണ് ഞങ്ങൾ കാണുന്നത് ശരി അങ്ങനെയാണെങ്കിൽ നല്ലോണം അലങ്കരിച്ച് സാധു അലങ്കൃതോ സുവസനു പരിഷ്കൃതവും അങ്ങനെ ഒന്നുകൂടി നോക്കുക അവരതുപോലെ തന്നെ ചെയ്തു അലങ്കരിച്ച് നോക്കി വന്നിട്ട് കണ്ടതാണോ ആത്മാവ് എന്ന് തീരുമാനിച്ച് ആത്മബോധത്തോടുകൂടി രണ്ടുപേരും മുടങ്ങിപ്പോയി സഹ ശാന്തഹൃദയ വിരോചനോ ഹസുരാൻ ജഗാമ അതിൽ രണ്ടുപേരും ശാന്തഹൃദയന്മാരായി അവരുടെ സംശയം എന്താണ് ആത്മാനെ കണ്ടത് തന്നെ നമ്മുടെ പ്രതിബിംബം തന്നെ രണ്ടുപേരും കൃതകൃത്യരായി മടങ്ങിപ്പോയി എന്നിട്ട് അസുര രാജാവ് എന്തു ചെയ്തു ഹേദം ഉപനിഷം പ്രവാച അവരുടെ ഈ ഉപനിഷ വിദ്യ ആത്മവിദ്യ അവർക്ക് ഉപദേശിച്ചു ആത്മീയ ആത്മാ പരിചയ ആത്മാനമേവ മഹീ ൻ ഈ ആത്മാവിനെ പരിചരിക്കണം ഇതിനെ പൂജിക്കണം അവർ കണ്ടതെന്താണ് അവരവരുടെ പ്രതിരൂപ ഈ ശരീരം അതിൽ വിരോചനങ്ങനെ ഉപദേശിച്ചു അസുരന്മാര് അസുരന്മാർ അതനുസരിച്ച് ശരീരത്തെ ആരാധിക്കാനും പൂജിക്കാനും തുടങ്ങി അതാണ് അസുരന്മാരുടെ ഉപനിഷത്ത് അവരും കൃതകൃത്യ പക്ഷേ ഇന്ദ്രോ അപ്രൈവ ദൈവാൻ ഏതത് ഭയം ദശ ഇന്ദ്രനാണെങ്കിലോ ദേവന്മാരുടെ അടുത്തെത്തുന്നതിന് മുമ്പ് തന്നെ തന്റെ അറിവിൽ ഭയമുണ്ടായി സംശയാദികളുണ്ടായി ഇതെങ്ങനെ ശരിയാകും അസ്മിൻ ശരീരേ സധ്വനം കൃതേ സധനം കൃതോഭൂതി സു വസനെ സു വസന സരിഷ്കൃത പരിഷ്കൃത ഈ ശരീരം അലങ്കരിച്ചാൽ പ്രതിബിംബത്തിലും അത് വരുന്നു അലങ്കരിക്കാതിരുന്നാലഹം അത്ര ഭോഗ്യം പശ്യാമി ഈ ഒരു അറിവ് കൊണ്ട് വിശേഷിച്ച കാരണം ഈ അറിവ് നേരത്തെ ഉള്ളതാണ് ഈ ആത്മാഅ അപഹത പാത്മാ എന്ന് പ്രജാപതി ഉപദേശിച്ചെന്തായാലും ഇത് ആകാൻ വഴിയില്ല തന്റെ അറിവിൽ അപൂർണത അങ്ങന ഇത് ആ ഉപദേശത്തിന്റെ ഒന്നാം ഘട്ടം ഗുരുവിന്റെ ഉപദേശം കൊണ്ട് തന്നെ ഇത് ബോധിപ്പിക്കുന്നത് എന്താണോ ആ തത്വത്തെ ഗ്രഹിക്കാതെ തന്നെ ഒരാൾക്ക് താത്കാലികമായിട്ടെങ്കിലും മനഃശാന്തിയും കൃതകൃത്യതയും എല്ലാം ഉണ്ടാകും ആത്മബോധികളാകും പക്ഷെ ഇതെല്ലാം തൽക്കാലത്തേക്ക് പോയിരിക്കൂ കൃതകൃത്യത ഒരാൾ നേടി അനുഭവപ്പെട്ട് എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല അത് നിലനിൽക്കണം നിലനിന്നാലും പോലും അത് ആത്യന്തികമായി കൃതകൃത്യതയെ കൊടുക്കുന്ന നസലന്മാർക്ക് നിലനിന്നു കാരണം അവർ ശരീരത്തെ ആരാധിക്കാനും പൂജിക്കാനും തുടങ്ങി അവരിന്നും കൃതകൃത്യരാണ് ആത്മാവ് എന്താണെന്ന് അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു ശരീരാത്മാവ് പക്ഷെ ഇന്ദ്രനത് കഴിഞ്ഞില്ല ഇന്ദ്രൻ അശാന്ത ഹൃദയനായി പ്രജാപതിയെ സംവിയിച്ചു പ്രജാപതി മനസ്സിലാക്കിയയാൾ ഉപദേശത്തിനർഹനാണ് തുടർന്നും പക്ഷെ ആദ്യം ഉപദേശിച്ചതും വാസ്തവം തന്നെയാണ് ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ അമ്പതവാക്കല്ല സത്യം പറയുന്ന ആളാണ് സത്യമാണ് പറഞ്ഞതെങ്കിലും സത്യം ബോധ്യപ്പെട്ടില്ല ഉപദേശം ഇനിയും ആവശ്യമുണ്ട് പക്ഷെ എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല നിങ്ങൾ യോഗ്യതയില്ല അതുകൊണ്ട് യോഗ്യതയ്ക്ക് വേണ്ടി കുറച്ച് ഇനിയും ഒരു മുപ്പത്തിരണ്ട് കൂടി അറുപത്തിനാല് വർഷത്തെ ബ്രഹ്മചര്യത്തിന് ശേഷം ജാഗ്രത വിട്ട സ്വപ്നാത്മാവിനെ കുറിച്ച് ഉപദേശിച്ചു സ്വപ്നത്തിലും ഒരാത്മാവ് തന്നെ സുഹൃത്തിയിലും അത് തന്നെ നമ്മൾ അവസാനം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇത് പലതാണോ അത് ഒന്നാണോ ഇവിടെ പറയുന്ന ഭൂമ ഇതിൽ നിന്നെല്ലാം വേറെയാണോ അതെ ഇവിടെ തത്വത്തിൽ വ്യത്യാസം ഒന്നും ജാഗ്രതയിലും സ്വപ്നത്തിലും എല്ലാം പക്ഷെ ഉപദേശത്തിൽ വ്യത്യാസമുണ്ട് ആദ്യം ജാഗ്ര ആത്മാവിന് ഉപദേശത്തിന് സാധാരണ പറയും അക്ഷയപുരുഷൻ പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ട് ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവന് അക്ഷിപുരുഷൻ അത് ഇന്ദ്രിയങ്ങള് അക്ഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് അക്ഷിപുരുഷൻ എന്ന പേര് ഇപ്പൊ ജാഗ്രത ഈ ആത്മോപദേശം അതിലാണ് തുടക്കം ഉപദേശത്തിന്റെ തുടക്കം അവിടെയാണ് ഉപദേശത്തിന്റെ അവസാനം അവിടെ തന്നെ ജാഗ്രതയിൽ തന്നെയാണ് ഉപദേശം അവസാനിക്കുന്നത് കാരണം ഇവിടെ ഇനി പറയുന്ന സർവം കലുതം ബ്രഹ്മ പറഞ്ഞതാണ് സർവാത്മഭാവം ഭക്ഷ്യകാലം പറയുന്ന തരത്തിലാണെങ്കിൽ സ്വസമ്മേജ്യത ഇതെല്ലാം ജാഗ്രതയിലാ സാക്ഷാത്കരിക്കേണ്ടത് അതുകൊണ്ടാണ് ഉപദേശം ജാഗ്രത അവസാനിക്കുന്നു പറയുന്നത് സ്വപ്നത്തിലും സുഷൃപ്തിയിലോ ആണ് പക്ഷെ ജാഗ്രത ആത്മാവിനെ ബോധിപ്പിച്ചിട്ടും അവിടെ വിപരീയമുണ്ടായി വിപരീയ ബുദ്ധിയുണ്ടായി ശരീരമാണ് ആത്മാവെന്ന് ധരിച്ചു അതാണ് ജാഗ്രതത്തിലെ ഉപദേശത്തിനുള്ള ഒരു തകരാറ് ജാഗ്രത ആത്മാവിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വിപരീയ ബുദ്ധിമുട്ടും അസരന്മാർക്ക് ശരീര ബോധമാണ് നീ അതാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനതാണെന്ന് ധരിച്ചു ഞാൻ എന്റെ ബുദ്ധി ശരീരം മനസ്സ് ഇതിലൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുകയാണ് അപ്പോ ശരീരം മനസ്സ് ഇതിലൊക്കെ നിൽക്കും ഇതാണ് എൻ്റെ ദോഷം പക്ഷെ ഇവിടെയാണത് വ്യക്തമാകേണ്ടത് അനുഭവം ജാഗ്രതയിലും സ്വപ്നത്തിനും സൃഷ്ടിച്ച ഈ അനുഭവം പക്ഷെ ജാഗ്രതയിൽ വരുന്ന ദോഷങ്ങൾ പരിഹരിക്കുന്നതിനാണി വിപരിയം ജാഗ്രത വിപരിയമാണ് ശരീരാത്മബോധം വരും ജാഗ്രത ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിട്ടാണ് പിന്നീട് സ്വപ്നത്തെ സ്വപ്നാത്മാവിനെ ഉപദേശിക്കുന്നത് സ്വപ്നാത്മാവിനെ കുറിച്ച് പറയുന്നതിവിടെയും ബൃഹദാരണക്ക് ചർച്ച ചെയ്യുന്നത് എന്താണ് അതിന്റെ പ്രത്യേകത എന്താണോ സ്വയംജ്യോതിസാണ് ആത്മാ സ്വയം ജ്യോതിസാണ് എന്നുള്ളതിനെ പ്രമാണമായിട്ടാണ് സ്വപ്ന ആത്മാവിന് കാണിക്കുന്നത് എന്താ ജാഗ്രതത്തിൽ അത് സ്വയം പ്രകാശിക്കുന്നില്ല ആണ് പക്ഷെ ജാഗ്രതത്തിൽ അത് തിരിച്ചറിയുന്നതിന് പ്രയാസം കാരണം ജാഗ്രതത്തിൽ മനസ്സ് ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഈ കരണങ്ങൾ വളരെ ശക്തമായിട്ടാണ് അല്ലെങ്കിൽ ഈ കർണങ്ങളോടുള്ള മാനസിക താതാത്മ്യം വളരെ ദൃഢമാണ് അത് ജാഗ്രതത്തിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ് ജാഗ്രതത്തിൽ നമുക്ക് പറയാം ഞാൻ ആത്മാവാണോ പക്ഷെ മനസ്സിനോടോ ശരീരത്തോടോ ഉള്ള ബന്ധം വിട്ടിട്ട് അത് പറയാൻ കഴിയില്ല അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയാം അത് വിവേചിക്കാൻ പ്രയാസമാണ് ആത്മാനാത്മവിവേകം എന്നെല്ലാം പറയാം അത് വേർതിരിച്ച് മനസ്സിലാക്കുന്നിവിടെ സ്വപ്നത്തിൽ കാരണം സ്വപ്നത്തിൽ ഒരു കാര്യം ഉറപ്പാണ് ഈ ശരീരമില്ല ഈ മനസ്സവിടെയില്ല ഈ കർണങ്ങളില്ല പക്ഷെ എന്നാലും പ്രകാശമുണ്ട് അതിനെ കുറിച്ചാണ് പിന്നീട് എന്താ സ്വപ്നത്തെ എടുത്തു പറയുന്നത് ഭാഷകാലന്മാർ സ്വപ്നത്തിൽ ഇത് സ്വയം പ്രകാശിക്കുന്നതാണ് സ്വപ്നത്തിൽ ഇത് സ്വയം പ്രകാശിക്കുന്നു എന്നും ജാഗ്രത ചിന്തിച്ചാൽ മനസ്സിലാക്കും മനനത്തിലൂടെ മനസ്സിലാക്കും എന്തുകൊണ്ടും ഈ കർണങ്ങളും ശരീരവും ഇല്ലാതിരുന്നിട്ടും എല്ലാ അനുഭവങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു അവിടെ മനസ്സ് കാരണമല്ലേ അല്ല കാരണം ഈ മനസ്സെ അവിടെ ഇല്ല ഇല്ലെങ്കിലും മനസ്സ് കാരണമാകും ഈ മനസ്സവിടെ ഉണ്ടായിരുന്നു ഇല്ല ഈ കർണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇല്ല പറഞ്ഞു അന്ധൻ അനന്തനാകും കണ്ണുള്ളവൻ അവിടെ കണ്ണില്ലാത്തവനാകും കണ്ണില്ലാത്തവൻ കണ്ണ് ഉള്ളവനാകാം ഇവിടെ വിശക്കുന്നവൻ അവിടെ തൃപ്തനാകും ഇവിടെ ദുഃഖി അവിടെ സുഖിയാകും അപ്പൊ ഈ മനസ്സല്ല ഈ മനസ്സായിരുന്നെങ്കിൽ ഇവിടെ ഉള്ളത് പോലെയെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഈ മനസ്സിടെ കർണമായിരിക്കുന്നൊണ്ടാണ് ഇവിടെ ഇപ്പോ സുഖം ദുഃഖം അനുഭവിക്കുന്നത് ഇവിടെ അന്ധനോ അനന്ധനോ ആകുന്നത് ഈ മനസ്സ് ഈ ശരീരമെല്ലാം ഇവിടെ സജീവമായി നിൽക്കുന്നോണ്ടാണ് അല്ലെങ്കിൽ ഇതിനോടെല്ലാം ആത്മ താദാത്മ്യഭാവം സംഭവിക്കുന്നോണ്ടാണ് ഇതെല്ലാം മാറുന്നു അപ്പോ ഈ കർണങ്ങൾ എന്നും ആശ്രയിക്കുന്നില്ല പിന്നെന്താ അവിടെ ഇതെല്ലാം കാണുന്നത് സ്വയം ജ്യോതിഷാണ് അത് സ്വയം പ്രകാശിക്കുന്നു അത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു അപ്പൊ ജാഗ്രതത്തിലെ കർണങ്ങളെ ആശ്രയിക്കാത്ത പ്രകാശം അവിടെയുണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് സ്വയം ജ്യോതിഷ ആത്മാവിന്റെ സ്വയം ജ്യോതിഷം എന്ന് പറയുന്നത് ജാഗ്രത്തിലോ സുഷുപ്തിയിലോ മനസ്സിലാക്കാൻ കഴിയും അത് സ്വപ്നത്തിൽ മാത്രമാണ് പ്രാമാണികമായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ബലോധാരൃത്തിന് വിശദമായി ചർച്ച ചെയ്യും സ്വപ്നത്തിന് അത് സ്വയം ജ്യോതിഷാണ് എന്ന് പറയുന്നു കാരണം നിരപേക്ഷമായി പ്രകാശിക്കുന്നു അതേസമയം സർവദൃശ്യങ്ങളെ അവിടെ ഉണ്ടാക്കി കാണിക്കുകയും അതാണ് സ്വയം പ്രകാശത്തിന്റെ അർത്ഥം ഒരു വസ്തു ഒരു പ്രകാശം അത് മറ്റൊരു ഉപകരണങ്ങളെ ആശ്രയിക്കാതിരിക്കുക ആ സമയം ഈ ഉപകരണങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ട് എന്തിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നു അതിനെല്ലാം പ്രകാശിപ്പിക്കുകയും ചെയ്യും അത് ബോധ്യപ്പെടുത്താനാണ് സ്വപ്നത്തിൽ അത് പറയുന്നു ആത്മാസ്വയം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവ സ്വരൂപമാണ് എന്നാണ് സ്വയംപ്രകാശത്തിന്റെ അർത്ഥം അത് അനുഭവരൂപമാണ് അങ്ങനെ മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല പക്ഷെ അതും അതിൻ്റെ ആ സ്വയം പ്രകാശത്വം ഇന്ദ്രനെ ശരിക്ക് പിടിയിട്ടില്ല മനസ്സിലായി പരിധി ഇന്ദ്രൻ മുടങ്ങിപ്പോയി അവിടെയെല്ലാം ഓരോ ഉപദേശത്തിലും കൃതകൃത്യനാകുന്നു ശാന്തഹൃദയനാകുന്നു എന്നൊക്കെയാണ് പറയുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ അനുഭവം ഓരോ ഉപദേശത്തിലും കൃതകൃത്യത അനുഭവപ്പെടും ശാന്തഹൃദയനാകും വീണ്ടും അസ്വസ്ഥനാകും വീണ്ടും ഉപദേശത്തിന് വേണ്ടി ശ്രമിക്കും അതുതന്നെയാണ് സാധാരണ ഒരു സാധകന്റെ ചിത്രമാണ് ഇവിടെ ഇന്ദ്രനിലൂടെ അവതരിപ്പിക്കുന്നത് വീണ്ടും മടങ്ങിച്ചെന്നു എന്തു പറഞ്ഞു ഒരു കാര്യം ചെയ്തു വസ അപരാണ് ശതം വർഷമാണ് ഇനി വരെ മുപ്പത്തിരണ്ട് വർഷം മുപ്പതും മുപ്പതും അറുപതും തൊണ്ണൂറും ആറും തൊണ്ണൂറ്റാറു വർഷം ദീർഘകാലം ഈ സംഖ്യയിലൊന്നും കണക്കെടുക്കരുത് എത്രാമത്തെ വയസ്സിൽ പോയി ഉദ്ദേശിച്ചു തീർന്നപ്പോ എത്ര വയസ്സായി എത്ര വർഷമായിരുന്നു അങ്ങനെയൊന്നും ചോദിക്കരുത് ദീർഘകാലം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവസാനത്തെ ഉപദേശം തൊണ്ണൂറ്റാറ് വർഷത്തെ ബ്രഹ്മചര്യൻ തപസ് വറുത്ത അനുഷ്ഠാനത്തിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പുതുതായിട്ടൊന്നും പറയുന്നില്ല അക്ഷയ പുരുഷനെ തന്നെയാണ് വീണ്ടും സ്വയം ജ്യോതിസായി അവതരിപ്പിക്കുന്നത് അതിനെ തന്നെയാണ് അവസാനം പറയുന്നത് എന്താണ് എത്ര സുക്ത സമസ്ത സമ്പ്രസാദനെ കുറിച്ച് ഉപദേശിക്കുന്നത് മൂന്നാമത്തെ ഉപദേശം ഒന്നിൽ പഴച്ച മൂന്നിൽ നിന്ന് പറഞ്ഞു ഇതാണ് അവസാനത്തെ ഉപദേശം ഇതിനപ്പുറം പിന്നീട് ആത്മാവിനെ കുറിച്ച് ഉപദേശിക്കുന്നുണ്ട് എന്താണോ അതിനെ വ്യക്തമാക്കാൻ പറയുന്നതിലും അതിനെ മനനം ചെയ്യാൻ ആവശ്യപ്പെടുന്ന പുതുതായിട്ടൊന്നും ഉപദേശിക്കുന്നു ജാഗ്രത ഉപദേശിച്ചെങ്കിലും പരമാർത്ഥത്തെ തന്നെ ഉപദേശിച്ചത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല സ്വപ്നത്തിൽ ഉപദേശിച്ച് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല സുഷ്പല് എന്താ വിശേഷത നിർവിശേഷത സുഹൃത്തിയിൽ ആത്മാവിനെ ഉപദേശിക്കുന്നത് ആത്മാവിന്റെ ആ നിർവിശേഷത ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ജാഗ്രത ഉപദേശിക്കുന്നത് എന്താണ് തത്വമസി ഇതൊക്കെ ജാഗ്രതയിലേക്ക് വേണ്ടിയാണ് സർവീതം ബ്രഹ്മ ഇതെല്ലാം ജാഗ്രതയിലേക്ക് വേണ്ടിയിട്ടാണ് സർവാത്മഭാവം സുസംവേദ്യത എന്ന ജാഗ്രതയിലാണ് സ്വപ്നത്തിൽ പറയുന്നത് സ്വയം ജ്യോതിഷാണ് നിരപേക്ഷമാണ് സൃഷ്ടിയിൽ വരുമ്പോ നിർവിശേഷത എത്രയേത് സുപ്ത സമസ്ത സമ്പ്രസന്ന അതിനപ്പുറം ഉപദേശമില്ല അസംപ്രസന്നനായിരിക്കുന്ന അവസ്ഥ നിർവിശേഷത എന്ന് പറഞ്ഞാൽ പിന്നീടുണ്ടോ അതിനെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് യഥോ വാച്ചോ എന്ന് വർത്തത് സദേവ കേസത്ത് കേവലസത്ത് തന്നെയായിരുന്നു എന്നെല്ലാം പറയുന്ന നിർവിശേഷതയെ കുറിച്ചാണ് ഇപ്പൊ ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും ഉപദേശങ്ങൾ കൊണ്ട് ഉള്ള ആ മനന ഉപദേശങ്ങള് പിന്തുടർന്നുള്ള മനന ആ മനനം ത്തിലൂടെ ആത്മാവിനെ വിഷയമാക്കി വിളയാമെന്ന് ധരിക്കണ്ടേ അങ്ങനെ വിഷയമാക്കി സാക്ഷാത്കരിക്കാമെന്ന് ധരിക്കണ്ട് മറിച്ച് അതിനെ സാക്ഷാത്കരിക്കണം അതിൻ്റെ നിർവിശേഷതയെ ബോധ്യപ്പെടണം മനനാതീതമായ മനസ്സിനതീതമായ അതിൻ്റെ നില അതിനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് സുഷത്തയെ കുറിച്ച് പറയുന്നത് സമസ്തനാണ് അത് സമാധിയാണ് അതാണ് സമാധി എന്ത് ചെയ്യുന്നു സർവവും അതിൽ ആധ്വാനം ചെയ്തിരിക്കുന്നു സമയക്കായി അവിടെ നിന്ന് സർവവും ജാഗ്രസ്വപ്നങ്ങൾ സർവം എന്ന് പറഞ്ഞാൽ സ്വപ്നം വേറെ അവിടെ നിന്ന് പ്രകടമാകുന്നു അത് വിലയിക്കുന്നു ഏത് അമൃതം അഭയം ഏത് ബ്രഹ്മ യേശ ആത്മ ഇത് തന്നെയാണ് അമൃതം ഇത് തന്നെയാണ് അഭയം അവിടെ ഭയമില്ലല്ലോ ഇന്ദ്രൻ പറഞ്ഞല്ലോ എന്താണോ സ്വപ്നത്തിലാണെങ്കിലും അവിടെ എന്നെ ആരോ ഓടിക്കുന്നത് പോലെ തോന്നുന്നു ഇതൊക്കെ സ്വപ്നത്തിലുമുണ്ട് വ്യാഗ്രത്തിലെ കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളൂ വ്യാഗ്രത്തിൽ അതേ സ്വപ്നത്തിൽ പോയാലും അതിന് പരിഹാരമായിട്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ് ഏത് അമൃതം അതാണ് അമൃതം അത് അഭയമാണ് ഭയരഹിതമാണ് നിർവിശേഷതയെ ഉപദേശിച്ചാലും നിർവിശേഷതയുടെ പ്രത്യേകത എന്താണ് അത് ബുദ്ധിക്ക് വിഷയമാണത് എന്നാൽ അതിനെ ജാഗ്രത മനനം ചെയ്യേണ്ടിയിരിക്കുന്നു ജാഗ്രത സ്വസംവേദ്യമാക്കണം ഇതിനെ സാക്ഷാത്കരിക്കണം അങ്ങനെയുള്ള ജോലികൾ ബാക്കി പക്ഷേ അല്ല നിർവിശേഷവുമാണ് ഇവിടെ ആശയക്കുഴപ്പം വരും ആശയക്കുഴപ്പം ഇന്ദ്രനും വന്നു ഇന്ദ്രൻ എന്താണ് ഇവിടെ പറയുന്നത് അവിടെ ഞാനൊന്നും അറിയുന്നില്ലല്ലോ ഇമാനി ഭൂതാനി വിനാശമേവ അപീതഭവതി എല്ലാം അവിടെ നശിച്ചിരിക്കുന്നു ഇനി നമ്മുടെ ഭാഷ പറഞ്ഞ ഒന്നും അറിയുന്നില്ല ഒന്നും അറിയാതിരിക്കുന്ന അതാണോ ാത്മാനന്ദാനാതി അയമഹാമസ്മി ഞാൻ ഇതാത്മാവാണെന്ന് അവിടെ അറിയാൻ കഴിയുന്നില്ലല്ലോ അസുഷൃത്തി അറിഞ്ഞിട്ടെന്താ കാര്യം സാക്ഷാത്കാരം വേണ്ടേ അയമഹാമസ്മി ഇതാണ് സാക്ഷാത്കാരം ഇതാ ഞാൻ ആത്മാവ് ഇതായി ശരീരമാണ് മനുഷ്യനാണ് പുരുഷനാണ് സ്ത്രീയാണ് യുവാവാണ് വൃദ്ധനാണ് എന്നൊക്കെ തന്നെ അറിയുന്നത് പോലെ അയമഹാമസ്മി ഞാൻ ആത്മാവാണെന്ന് അറിയുന്നില്ലല്ലോ സുഷൃത്തിൽ എങ്ങനെ അറിയാൻ അറിവുണ്ടായാലും സുഹൃത്തി അല്ല ജാഗ്രത അല്ല ഉപദേശത്തെ അതിന്റെ പരിമതയിൽ അവസാനിപ്പിച്ചെങ്കിലും മനനത്തിൽ സ്വയം കൃതാർത്ഥത അനുഭവപ്പെടുന്നുണ്ട് എന്തൊക്കെ സാക്ഷാത്കാരം അത് പിടികിട്ടുന്നില്ല എന്താണ് ദുർവിശേഷത്തെ എന്താ അസുഹൃത്തി സാക്ഷാത്കരിക്കാൻ പറ്റും പറ്റത്തില്ല എല്ലാവരും ജോലി സുഹൃത്തിയാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ജോലി തീർന്നില്ല ിയൊന്നും ശേഷിക്കുന്നില്ലല്ലോ ഇനി നമുക്ക് ഉറങ്ങിയാ മതിയല്ലോ ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത് ശ്രുതി എന്നു സുപ്തഹ സമസ്ത സമ്പ്രസന്ന അപ്പറൊന്നും ഉപദേശിക്കുന്നുണ്ട് ഇനി ഇത് കഴിഞ്ഞ് നാലാമതൊരവസ്ഥയെ കുറിച്ച് ഇവിടെ പറയുന്നതിന് ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇനി ഒരു അവനെ പിടിക്കാം ഇത് അങ്ങനെയൊന്നും പറയുന്നില്ല ശ്രുതിൽ അവസാനിപ്പിച്ചു ഇത് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ജനിക്കുന്ന പോലെ തന്നെ ഇന്ദ്രം പറയും എന്താണ് സംബത്തി ആത്മാനം എനിക്കൊരു ഒന്നും പിടിയിട്ടുന്നില്ല ഈ പറഞ്ഞു ജാഗ്രതയിലേക്ക് വരുമ്പോൾ ജാഗ്രത സുഷൃത്തിയില്ല സ്വപ്നമില്ല ജാഗ്രതയുള്ളൂ ഇവിടെ ആത്മാവിനെ ബോധിപ്പിക്കും അതെങ്ങനെ ബോധിപ്പിക്കണം സ്വപ്നത്തിലെ സ്വയം പ്രകാശത്വവും സുഹൃത്തിയിലെ നിർവിശേഷത്വവും ആണ് തന്റെ സ്വരൂപവും ജാഗ്രത ബോധിക്കും സുഹൃത്തി ബോധിക്കാനൊക്കെ സ്വപ്നത്തിനും സാധ്യമല്ല ജാഗ്രതന്നെ ബോധിപ്പിക്കും സുരുത്തിയെ കുറിച്ച് ചിന്തിച്ചാൽ എന്താ പെട്ടെന്ന് വിനാശമേവാതോ എല്ലാം അവിടെ നശിച്ചിരിക്കുന്നു ഓർക്കാൻ കഴിയുന്നില്ല അന്ധത ഒരു ശൂന്യത അവിടെ വീണ്ടും അശാന്ത ഹൃദയനായി ഉപദേശം കേട്ടപ്പോൾ പ്രശാന്ത ഹൃദയനാണെ വാർത്തിക്കുന്നു നമ്മൾ ശരി ഇനി കേട്ട കാര്യങ്ങൾ തന്നെ ഒന്ന് ഉറപ്പിച്ചാ ഭൂയോ അനു വ്യാഖ്യാസ്യാമി ശരി ഞാൻ പറയാം എന്തുവേണം അത്രേ ദസ്മ പസാ പുരാണിപ്പഞ്ചു വർഷം കുറച്ച് സമയം കൊടുത്തത് ഒരഞ്ച് വർഷം ും തകയ്ക്കും ഉപദേശം പൂർത്തിയാക്കിയതിനുശേഷവും പിന്നീട് ഒരു അഞ്ചു വർഷം കുറച്ച് സമയമുണ്ട് വർഷമാണ് ഈ മഖവൻ പ്രചാ മഖവൻ മർദ്ധ്യം വായുധം ശരീരം ആത്വം തദസ് അമൃത ശരീരമാ ശരീരം അവസാനം അവസാനിപ്പിക്കുന്നതിലാണ് നമ്മൾ സാറിന് പറയാറ് സാറിനെ പ്രസംഗങ്ങളിലൊക്കെ പറയാറ് മനുഷ്യൻ എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖമാണ് പക്ഷെ സുഖം മനുഷ്യന് കിട്ടുന്നില്ല വിഷയങ്ങളൊന്നും അനുഭവിച്ചാൽ മനുഷ്യന് സുഖം വരത്തില്ല അതുകൊണ്ടൊരു വലിയ സുഖമുണ്ട് ആ വലിയ സുഖത്തെ പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ആശ്രമത്തിലേക്ക് വരണം ഉപദേശം കേൾക്കണം സ്വാമിയുടെ ഉപദേശം കേട്ടു കഴിഞ്ഞാൽ പിന്നെ വലിയ ആനന്ദമാണ് വലിയ സുഖമാണ് നമ്മൾ സാധാരണ കേൾക്കാറും പറയാറുമുള്ളതാണ് പാവ ഇന്ദ്രനെ ഇതുപോലെയാണ് പ്രജാപതിയുടെ അടുത്ത് ചെന്ന് ഒരു വലിയ സുഖം കിട്ടും ആനസുഖം ഇത് പ്രതീക്ഷിച്ച അവിടെ ചെന്നത് അവസാനം കൊണ്ട് എത്തിച്ചവിടെ സുഷൃത്തിയിൽ ഉറക്കത്തിൽ എന്താണോ പറയുന്നത് നാഹം ഭോഗ്യം പശ്യാമി ഇവിടെ ഒരു സുഖം എന്താ സുഖമൊന്നും അറിയുന്നില്ല ബോധം നശിച്ച് ഉറങ്ങുന്നു ഇതാണോ ആത്മാവ് അതല്ലേ നമ്മുടെ സംശയം അവിടെ എന്താ സുഖം ഒന്നും അറിയാതിരിക്കുന്നിടത്ത് എന്താ സുഖം എനിക്കിവിടെ അസുഖം കിട്ടണം വലിയ സുഖമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പൽപ്പായസം കുടിച്ചതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂർ അങ്ങനെ ഒരു സുഖമാണ് വേണ്ടത് പ്രതീക്ഷിക്കുന്ന സുഖം പറയുന്നു അശരീരം വാ വസന്തം പ്രജാപതി പറയുന്ന അശരീരമാണ് ആത്മാവ് അതിനെ കുറിച്ചാണ് ഞാൻ ഉപദേശിച്ച് നിർത്തിയത് ജാഗ്രതത്തിൽ അശരീരം എന്ന് പറയാൻ പറ്റൂല്ല ശരീരമാണ് സ്വപ്നത്തിൽ അശരീരം എന്ന് പറയാൻ പറ്റൂല അവിടെയുണ്ട് ശരീരം ഇതെന്താണ് അശരീരമാണ് നസ്പർശത അവിടെ സുഖം വലിയ സുഖമുണ്ടല്ലോ നമ്മള് കൊതിക്കുന്ന സുഖം അതൊന്നും അവിടെ ഇല്ല പിന്നെന്താ ദുഃഖമാണോ അതും ഇല്ല സുഖമില്ല ദുഃഖമില്ല അതെന്താ അതിനാണ് നിർവിശേഷം എന്ന് പറയുന്നത് പിന്നെ ഈ വലിയ സുഖമൊക്കെ എവിടെയാ ഭുമ വൈസുഖെന്നു പറഞ്ഞല്ലോ അതൊക്കെ ഈ ജാഗ്രതയിലാണ് ജാഗ്രത അനുഭവത്തിലാണ് നമുക്ക് സുഖം വേണോ സമാധി ശീലിക്കാൻ ഇവിടെ സുഖം കിട്ടും വലിയ സുഖം കിട്ടും അസംപ്രജ്ഞാത സമാധിയിലൊക്കെ വല്യ സുഖം അനുഭവം ഇതെന്താണോ പ്രിയപ്രിയങ്ങൾ സ്പർശിക്കാത്തതാണോ പിന്നെ പറയുന്നത് ഇതുവരെ അത് ഈ പണിയെ കേട്ടത് അത് ആനന്ദമെന്ന് സത്തെന്ന് പറയാം ചിത്തന്ന് പറയാം അവിടെ ആനന്ദത്തിന് മാത്രം വിശേഷിച്ച് കൊമ്പൊന്നുമില്ല സത്തെന്ന് പറഞ്ഞാൽ എന്താ ധരിക്കുന്നത് ആനന്ദമെന്നാണ് ചിത്തെന്ന് പറഞ്ഞാൽ എന്താ ധരിക്കുന്നത് ആനന്ദമൊന്നും അപ്പൊ ആനന്ദത്തിന് മാത്രം കൂടുതൽ ആഗ്രഹം വെക്കുന്ന കാരണം ഇവിടെ ആനന്ദത്തെ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് വലിയ ആനന്ദത്തെ പ്രതീക്ഷിക്കുന്നത് ആനന്ദമെന്ന് പറയാൻ പോവിശേഷമാണോ അത് സുഖമല്ലേ അങ്ങനെ സമാധാനിച്ചോളൂ എന്തായാലും ദുഃഖമല്ലോ ഒരു സമാധാനം വേണമല്ലോ മനസ്സിൽ അങ്ങനെയുള്ള ആനന്ദം ഒന്ന് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ സത്തൊന്ന് സ്വീകരിക്കുക അല്ലെങ്കിൽ ചിത്തന്ന് സ്വീകരിക്കുകയോ ഭക്ഷിക്കാരും പറയും എന്താണോ ഈ ശബ്ദത്തിലൂടെ ഇന്നും നമ്മൾ ഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല ഇത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തത് ശശിതാനന്ദങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു ഈ ശബ്ദത്തിലൂടെയൊന്നും ഗ്രഹിക്കുന്ന നമ്മുടെ ഭാവനയിലൂടെ പ്രതീക്ഷ ഇവിടെ സഫലീകരണമൊന്നുമല്ല അതിനെക്കുറിച്ച് ഇത്രയെ പറയാൻ പറ്റും എന്താണോ പ്രിയ പ്രിയസ്പശത എന്തുകൊണ്ടത് പറയുന്നത് നാഹും അത്ര ഭോഗ്യം പശ്യാമി എനിക്കിവിടെ ഭോഗ്യമായി അനുഭവയോഗ്യമായ ഒന്നും കാണുന്നില്ല അവിടെ എന്താ അനുഭവയോഗ്യമായിട്ടുള്ളത് നിർവിശേഷതയിൽ നീ സ്വയം പ്രകാശത്ത് അല്ലെങ്കിൽ അക്ഷിപുരുഷന് എന്താ എന്താവുള്ളൂ പ്രിയപ്രിയങ്ങൾക്കപ്പുറമാണോ എന്ന് പറയാം എന്ന് അതിനറിയുക അതിന്റെ നിർവിശേഷത അറിയുക അതിൽ വീണ്ടും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ വീണ്ടും അവ്യക്തതയുണ്ടെങ്കിൽ മോഹം മുതൽ വീണ്ടും ഉണ്ടെങ്കിൽ ഒരഞ്ചു വർഷം കൂടി അത് എന്ന മന അപ്പോ ബോധ്യപ്പെടും എന്താണിത് പ്രിയപ്രിയങ്ങൾ സ്പർശിക്കാത്തതാണ് ധന്ദ്വാതീതനാണ് മനസ്സിലാകും അവിടെ അവിടെ കംഷിക്കാനും ഒന്നുമില്ല ഉദ്ദേശിക്കാനും ഒന്നുമില്ല ഇതാണ് ആ പരമമായ ഇതാണ് നമ്മൾ ഒന്നര മാസം മുമ്പ് ചർച്ച ചെയ്ത് നടത്തിയത് അപ്പൊ അതൊന്നും ബാക്കി കാണത്തില്ല എന്നുള്ളതുകൊണ്ടാണ് വീണ്ടും ഞാൻ അതുവരെ ഒന്നുകൂടി ആവർത്തിച്ചത് ഇവിടെ ചില ചോദ്യങ്ങൾ ഇവിടെ ഒരാത്മാവിനെ കുറിച്ചല്ല മൂന്നാത്മാവിനെ കുറിച്ച് ഒന്ന് അക്ഷപുരുഷൻ മറ്റൊന്ന് സ്വയംജ്യോതിഷ് മറ്റൊന്ന് നിർവിശേഷാത്മാ ഒന്ന് ജാഗ്രത മറ്റൊന്ന് സ്വപ്നം മറ്റൊന്ന് സുഷപ്തി ഇത് മൂന്നാണോ ഒന്നാണോ ഒരു ഭൂമാവിനെ കുറിച്ചും പറഞ്ഞു ഇതെല്ലാം ഒന്നാണോ ആ ഭൂമാവ് തന്നെയാണോ ഇതാരെ കുറിച്ചായി ബോധിപ്പിക്കുന്നത് ഞാനിപ്പോ ജാഗ്രത്തിലെ ആത്മാവാണോ അതേ സ്വപ്നത്തിലെ ആത്മാവാണോ അതേ സുഷുപ്തനായ ആത്മാവാണ് ഇതിന്റെ ചോദ്യങ്ങളും സമാധാനങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത് അവിടെ വിശേഷിച്ചു ആ എങ്ങനെ സ്പർശിക്കുന്നില്ല അതാ പറഞ്ഞു ശരീരത്തോടു കൂടി ഇരിക്കുമ്പോഴേ പ്രിയാപ്രിയങ്ങളു ശരീരത്തോടു കൂടി ഇല്ലെങ്കിൽ പ്രിയപ്രിയങ്ങളില്ല അതെങ്ങനെയാ ശരീരത്തോടു കൂടി ഇല്ലാത്ത കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യ അങ്ങനെ ചിന്തിക്കും ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ശരീരം ഇല്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക അതിനു വേണ്ടിട്ട് അവിടെ ചർച്ച ചെയ്ത് പറഞ്ഞു അസംപ്രസാദനായിരിക്കുന്ന അവസ്ഥയുണ്ട് ഇവിടെ ശരീരത്തോടു കൂടിയല്ലേ ഇരിക്കുന്നു ശരീരമില്ല അപ്പൊ ശരീരമില്ലാത്തൊരു അവസ്ഥയുണ്ടെന്നൊരു കടങ്കഥ പറഞ്ഞല്ല സ്വ അനുഭവത്തിൽ തന്നെ കാണിച്ചു തരികയാണ് സമസ്ത സമ്പ്രസന്നുസ്ഥ അവിടെ ശരീരത്തോടു കൂടിയല്ല ഇരിക്കുന്നു ശരീരമില്ലാതെ തന്നെ ആയിരിക്കുന്നു അതാണ് അശരീരനായിരിക്കുന്നു പ്രിയാപ്രിയങ്ങൾ അതെല്ലാം വേറെന്താ ഇവിടെ ദൃഷ്ടാന്തം എടുത്ത് കാണിക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ എനിക്ക് ശരീരമില്ല എന്നൊക്കെ സ്വാമി പറയും പക്ഷെ ഈ ശരീരത്തെ സ്പർശിക്കുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ മതി സ്വാമി ഉടനെ അസ്വസ്ഥ അസ്വസ്ഥനാണ് ഒരു പനി വന്നാ മതി ജലദോഷം വന്നാ മതി അല്ലെങ്കിൽ ആരെങ്കിലും സ്വാമി ആസ്വാമി എന്ന് വിളിച്ചാൽ മതി സ്വാമി അസ്വസ്ഥനാണ് ശരീരമില്ലെന്ന് പറയുകയും ചെയ്തു സ്വയം അറിയാൻ ഉണ്ട് എന്നാലും ഇത് പറഞ്ഞല്ലേ പറ്റും വയറ്റിപ്പഴുപ്പിന് വേണ്ടി ഇത് പറഞ്ഞല്ലേ പറ്റും പിന്നെ ശരീരമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനുവേണ്ടി പറയുന്നു ഒരിടേം പറയാൻ പറ്റൂ ഇത്ര സുപ്തഹ സമസ്തഹ സമ്പ്രസന്ന അത് മാത്രമേ പറയാൻ പറ്റൂ എന്തുകൊണ്ട് സമാധിയെ കുറിച്ച് പറഞ്ഞില്ല സമാധി ആർക്കും അനുഭവല്ലോ അതിനുവേണ്ടി പരിശ്രമിക്കുന്ന യോഗികൾക്കല്ലേ അനുഭവമുള്ളൂ ഇതിപ്പോ ഉപദേശം യോഗിക്കല്ല സർവർക്കും വേണ്ടിയാണ് എല്ലാവർക്കും അനുഭവമുള്ള ഒന്നാണ് സുപ്തഹ എന്ന് പറഞ്ഞു അത് വ്യക്തമാക്കുന്നു അവിടെ പ്രിയാപ്രിയങ്ങളില്ല സുദുഃഖങ്ങളില്ല അത് വേറെയാണോ അല്ല അത് തന്നെയാണ് ഇവിടെ പക്ഷി പുരുഷനായും ഇരിക്കുന്നത് അത് മൂന്നാകുമോ അല്ല ഒന്ന് തന്നെ വിജ്ഞാനം ആനന്ദം ബ്രഹ്മ ആനന്ദോ ബ്രഹ്മ ഇഹാ വി ഭൂമൈവ സുഖം അതിനെയാണ് ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത് അതിനാണ് ആനന്ദം എന്ന് പറയുന്നത് അതിനെയാണ് ഭൂമ എന്ന് പറയുന്നത് അതിനെയാണ് സുഖം എന്ന് പറയുന്നത് അതാണ് സുഖം അല്ല നമ്മുടെ പ്രതീക്ഷയിലുള്ള സുഖം അവിടെ ചോദിച്ചു അത് അസമ്മേദ്യമാണോ അതെ സമ്മേദ്യമോ സുഹൃത്തേക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നവരെ അസവേദ്യത ബോധമില്ലാതെ ഉറങ്ങുന്നല്ലേ പറയുന്നു ജാഗ്രതയും സ്വപ്നത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ സമ്മേദ്യത അനുഭവം എന്താ സിദ്ധാന്തം പറയുന്നത് നിത്യസംവേദ്യമാണ് അതങ്ങനെ അവിടെ സുപ്തനായി സമ്മേദ്യമായിരിക്കുന്നു ജാഗ്രത അക്ഷപുരുഷനായി സംവിദ്യമായിരിക്കുന്നു സ്വപ്നത്തിൽ സ്വയം ജ്യോതിസായി സംവേദ്യമായിരിക്കുന്നു അത് നിത്യസംവേദ്യം തന്നെ അത് ജാഗ്രതത്തിൽ ബോധ്യപ്പെടണം അതിനുവേണ്ടി പല പൂർവ്വപക്ഷങ്ങളൊന്നും അതിന് സമാധാനം പറഞ്ഞു നാന് അസ്ഥിധിഷ്ഠ അതാണ് അവസാനിപ്പിച്ചത് പറയുന്നു എന്ന് പറയുന്നത് സുഷുതനെ കുറിച്ചാണ് സുപ്ത ആത്മാവിനെ കുറിച്ചാണോ ശ്രുതിന് ഇത് പറയുന്നത് അതെന്താണോ പറയുന്നത് അത് തന്നെയാണ് ആ ഭൂമാവ് ഭൂമാവെന്ന് പറഞ്ഞു അത് തന്നെയാണ് സർവ്വജന്തുവിന പരാത്മാർവജന്തുക്കളുടെയും സർവപ്രാണികളുടെയും ആത്മാവായിരിക്കുന്ന ആ ഭൂമാവ് തന്നെയാണ് ഇവിടെയും അത് തന്നെയാണ് പറയുന്നത് ഇവിടെ മൂന്നായിട്ട് ഉപദേശമെങ്കിലും ഒന്ന് തന്നെയാണ് ഒന്നാണെങ്കിൽ പഴയ ചോദ്യം വീണ്ടും വരും ആ ഭൂമാവാണ് ഈ ജാഗ്രത ലക്ഷപുരുഷനായിരിക്കുന്നെങ്കിൽ ഈ സുതുക്കങ്ങളെല്ലാം ആ പരമാത്മാവിനെ അനുഭവിക്കേണ്ടി വന്നല്ലോ കഷ്ടം ആ പരമാത്മ പദവി അതിന് നഷ്ടപ്പെട്ടല്ലോ അവിടെ മുതലാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് എന്നുവെച്ചാൽ ആത്മന സംസാരിത്തു അങ്ങനെ ധരിക്കേണ്ട ആ ഭൂമാവ് സംസാരിയായി എന്ന് ധരിക്കുന്നുണ്ട് ഇവിടെ ഒരാശയക്കുഴപ്പത്തിൽ നിന്നാണ് ആധ്യാത്മികതയുടെ തുടക്കം എന്താണ് ഞാൻ ദുഃഖിയാണ് സുഖിയാണ് സംസാരിയാണ് എനിക്ക് മോക്ഷം വേണം മുക്തി വേണം ഇങ്ങനെ ഒരു തുടക്കത്തിൽ തകരാറൊന്നുമില്ല കാരണം എന്തുകൊണ്ട് ഇതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് ഈ അജ്ഞാനം ഉള്ളത് ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ അജ്ഞാനങ്ങനെ ചിന്തിക്കാൻ കഴിയും ഞാൻ സംസാരിക്കാണ് ഞാൻ ഇത് തന്നെയാണ് ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്നത് എനിക്കിതിൽ നിന്ന് മോചനം വേണം ഈ അനുഭവം പരമാർത്ഥമല്ലെങ്കിലും ഈ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് ആധ്യാത്മിക അങ്ങനെ തുടങ്ങുമ്പോഴും ഇതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോഴും ഒന്നറിയണം എന്താണോ എന്നുവെച്ചാ ആത്മന സംസാരിത്തും നിനക്ക് സംസാരിത്തുമില്ല താൻ സംസാരിയല്ല എന്ന് വെച്ചാൽ താൻ മുക്തനാണ് സംസാരം തന്നെ സ്പർശിച്ചിട്ടില്ല പക്ഷെ ബന്ധന അനുഭവം എങ്ങനെ സ്വതുക്കാദികളുടെ അനുഭവം തന്നെ ജന്മമരണങ്ങളുടെ അനുഭവം തന്നെ അങ്ങനെ ഒരു അനുഭവം പക്ഷെ അനുഭവം പരമാർത്ഥമല്ല അതേ പറയുന്നത് അനുഭവം ഇല്ലെന്ന് പറയുന്നു എന്നുവെച്ചാൽ ആത്മനെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ നിനക്ക് സംസാരമില്ലെന്നല്ല പറയുന്നത് നീ അനുഭവപ്പെടുന്ന ഈ സംസാരം അത് പരമാർത്ഥമുണ്ട് പരമാർത്ഥം അസംസാരിയായ ആത്മസ്വരൂപമാണ് ും പറയുമ്പോ ആശയക്കുഴപ്പം പറയും ഒരിക്കും നീ അജ്ഞനാണ് നീ നിനക്ക് ബന്ധനമുണ്ട് നിന്റെ മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കണം എന്നൊക്കെ ഒരു ഭാഗത്ത് പറയും നിത്യമുക്തനാണ് ഇത് രണ്ടും കൂടെ എനിക്ക് ആശയക്കുഴപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് രണ്ടിന്റെയും താല്പര്യം ഒന്നുകിൽ സംസാരിത്തമില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം സത്യം എന്ന് പറഞ്ഞാലും ഇതെല്ലാം മിഥ്യെന്ന് പറഞ്ഞാലും താല്പര്യം ഒന്നാണ് ഇതിന് രണ്ടർത്ഥമില്ല നമ്മൾ ധരിക്കുന്നത് സംസാരി എന്ന് പറഞ്ഞു അസംസാരി എന്ന് പറഞ്ഞാലും താല്പര്യം സംസാരി എന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ അനുഭവങ്ങളെ അംഗീകരിക്കും സംസാരിത്തം എന്റെ അതേസമയം പറയുന്നത് അത് പരമാർത്ഥമല്ല എന്ന് പറയുമ്പോൾ അത് അസംസാരിത്വമായി അതാണ് അടുത്തു പറയുന്നത് അധ്യസ്ഥ അവിദ്യയാൽ അധ്യസ്ഥമാണോ അവിദ്യയാൽ ആരോപിതമാണോ അല്ലെങ്കിൽ പറയാം അവിദ്യയാൽ കല്പിതമാണ് അറിവില്ലായ്മ കൊണ്ട് കൽപ്പിക്കുന്നതാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും കൽപ്പിക്കുന്നില്ല ഇതുവരെയും ഒന്നും കൽപ്പിച്ചിട്ടില്ല എന്നൊരു അജ്ഞാനത്തെ ഞാൻ കൽപ്പിച്ചിട്ടില്ല ഞാൻ അജ്ഞാനിയാണെന്ന് കരുതിയിട്ടില്ല പിന്നെ എപ്പോഴും പറയുന്നത് എന്താ ഈ കല്പന കൽപ്പന ആരാവിടെ കൽപ്പിച്ചത് ആരെങ്കിലും കല്പിച്ചോ ഞാൻ അജ്ഞനാണെന്ന് കല്പിച്ചിട്ടില്ല കല്പന എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം കൽപ്പന എന്ന് പറഞ്ഞാൽ അനുഭവം എന്നാണ് അതിന്റെ താല്പര്യം താല്പര്യം അജ്ഞാനം കൊണ്ടുള്ള അനുഭവം അവിദ്യ അധ്യസ്ഥം എന്ന് പറഞ്ഞു അത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ അനുഭവമുണ്ട് എന്താണ് സംസാരിയാണോ എനിക്ക് ജനനമുണ്ട് മരണമുണ്ട് ഞാൻ പുരുഷനാണ് സ്ത്രീയാണ് അനുഭവമാണ് ഇതിനാണ് പറയുന്നത് അത് സാങ്കേതിക ഭാഷ താല്പര്യത്തെ നമ്മൾ മനസ്സിലാക്കണം എന്റെ സാങ്കേതികത്വത്തെ കുട്ടികളെയും അത് പിടിച്ചു തോന്നിക്കഴിഞ്ഞാൽ ഒരിടത്തെ അനുഭവം ഇത് അജ്ഞാനം കൊണ്ടുള്ള അനുഭവം എന്ന് എന്തോ എങ്ങനെ തീരുമാനിക്കാം കാരണം അനുഭവമുണ്ട് ഞാൻ സംസാരിക്കുകയാണെന്ന് വെച്ചാൽ എനിക്ക് ജനന മരണങ്ങളുണ്ട് എനിക്ക് സ്വാതുഃഖങ്ങളുണ്ട് ഇത് അജ്ഞാനം കൊണ്ടാണ് അതാണ് ശാസ്ത്രം ബോധിപ്പിക്കുന്നത് ഇത് അജ്ഞാനം കൊണ്ടാണെന്നുള്ള സ്വയം അറിയുന്നില്ല അനുഭവത്തിന് ശാസ്ത്രത്തിൻ്റെ ആവശ്യമില്ല സംസാര അനുഭവത്തിന് ശാസ്ത്രം ബോധിപ്പിക്കേണ്ട കാര്യമില്ല ആരുടെയും സഹായമില്ല ഇതെങ്ങനെ കടന്നുകൂടി എന്നുള്ളത് പോലും പിടിയില്ല അതുകൊണ്ടാണ് പറയുന്നത് അനാദിയാണ് ഈ ജാഗ്രത്തിൽ ഇത് തുടങ്ങിയതിനാം കഴിഞ്ഞ ജാഗ്രതകളിൽ ഇതുണ്ടായിരുന്നു ഇത്രയതിനെക്കുറിച്ച് അറിയുന്നുണ്ട് എന്നാൽ ഈ ജാഗ്രത തുടങ്ങിയത് ശൈശവത്തിലാണോ അതോ ഗർഭസ്ഥനായിരുന്നപ്പോഴാണ് അതോ പൂർവ ജന്മങ്ങളിലാണോ ഇതെന്ന് നമുക്ക് പിടികിട്ടത്തില്ല അത് പിടികിട്ടാത്തോണ്ട് പറയാം ജ്ഞാനം അല്ലെങ്കിൽ പറയാം അനാദി രണ്ടിന്റെ താല്പര്യമൊന്നും എന്നെ പിടികിട്ടുന്നില്ല അനുഭവമുണ്ട് എന്ന എങ്ങനെ എന്തുകൊണ്ട് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല അതുകൊണ്ട് അതിന് അജ്ഞാനം കൊണ്ടുള്ള അനുഭവം എന്ന് പറയും അതാണ് ശ്രുതി അല്ലെങ്കിൽ ശാസ്ത്രം വിശേഷിച്ച് ബോധിപ്പിക്കുന്നത് നിങ്ങളുടെ ഈ അനുഭവം അത് അവിദ്യഹേതുവായിട്ടാണോ അജ്ഞാനം കൊണ്ടാണോ യുക്തി കൊണ്ട് സമാധാനം കണ്ടെത്താൻ കഴിയാത്ത നിലനിൽക്കാത്തതുകൊണ്ട് അജ്ഞാനാനുഭവത്തിൽ നിലനിൽക്കുന്നുണ്ട് നഹി രജ്ജു ശുക്തികാദു സർപ്പ രജത മലാദിനി മിഥ്യാജ്ഞാന അധ്യസ്ഥാനി പ്രസിദ്ധമായ ദൃഷ്ടാന്തങ്ങളെല്ലാം ഭക്ഷ്യകാരനോട് ചേർത്ത് പറയുന്നു രജ്ജു സർപ്പം മറ്റൊന്ന് ശുദ്ധിക മൂന്നാമത്തത് ഗതനമല ഇതെല്ലാം മിഥ്യാജ്ഞാന മിഥ്യാജ്ഞാനം അതിനെത്തിന് നേരത്തെ അവിദ്യ എന്ന് പറഞ്ഞു ഇതിലൊക്കെ ശാസ്ത്രജ്ഞന്മാർക്ക് സാങ്കേതികമായ തർക്കങ്ങളുണ്ട് മിഥ്യയായ അജ്ഞാനമാണോ അതാണോ അവിദ്യ വാദവിവാദങ്ങളൊക്കെ ജടിലമായ സാങ്കേതിക നൂലാമാലകളെ പിടിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട് നമ്മളതിലേക്കൊന്നും പോകണ്ട ഒരിടത്തും കൊണ്ട് തിക്യത്തിൽ ബുദ്ധിക്ക് ആയാസം ഉണ്ടാക്കുമെന്ന് മാത്രം അജ്ഞാനം ഒന്ന് മനസ്സിലാക്കിയാൽ മതി അജ്ഞാനം എന്ന് പറയുകയാണെങ്കിൽ പിന്നെ എന്തിനാ മിഥ്യെന്ന് വിശേഷിപ്പിച്ചതെന്നൊക്കെ ചോദി ചോദ്യം ഉള്ളിടത്ത് അതിന് സമാധാനവും കാണും നമ്മൾ അജ്ഞാനം എന്ന് മനസ്സിലാക്കുക ഇതെല്ലാം എന്താണോ അജ്ഞാനം കൊണ്ട് ഉള്ള അനുഭവങ്ങളാണോ അജ്ഞാനം കൊണ്ട് അധ്യസ്ഥമാണെന്ന് പറഞ്ഞാൽ അജ്ഞാനം കൊണ്ടുള്ള അനുഭവമാണ് സർപ്പം അറിവില്ലായ്മ കൊണ്ട് തോന്നുന്നതാണ് എന്താണ് അവിടെ പരമാർത്ഥത്തിലുള്ളത് അതിനറിയാത്തതുകൊണ്ട് ഒരിക്കലും അവിടെ ഭാഷകാരൻ ഇത് ഉദ്ദേശിച്ചല്ല പറയുന്ന ഈ കാണുന്ന പ്രപഞ്ചം ശരീരം ഉൾപ്പെടെയുള്ളതെല്ലാം കയറിലെ പാമ്പ് പോലെ ഒരു സാധനമാണ് അങ്ങനെ ഒരു ഉദ്ദേശമേ ഇല്ല പറയുന്ന പ്രപഞ്ചം അങ്ങനെ ഒരു വസ്തുവാണെന്നാണ് കയറിലെ പാമ്പ് പോലെ ഒരു വസ്തു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അവരെ ദൃഷ്ടാന്തത്തെ എടുത്ത് പറയുന്നുണ്ടെങ്കിലും അങ്ങനൊരു താല്പര്യത്തിലല്ല പറയുന്നു അങ്ങനെ ഒരു താല്പര്യത്തിലാണ് പറയണെങ്കിൽ ഇതൊരു വലിയ ഗുഡിത്തമായി ഈ അദ്വൈതമെന്ന് പറയുന്നു എന്താ ഈ കാണുന്നതൊക്കെ കേരള പാമ്പ് പോലെ ഒരു വസ്തുവാണ് അല്ലെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യം കേരള പാമ്പ് വേറെ ഈ കാണുന്നു വേറെ ശുക്തികാര ജലം അതുപോലെ മറ്റൊരു ഉദാഹരണം ഗഗനമലം അത് മറ്റൊരു ഉദാഹരണം ഇവിടെ എല്ലാം ഈ ഉദാഹരണങ്ങളിലൂടെ എല്ലാം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് ഒരു വസ്തുവിന്റെ വാസ്തവ സ്വരൂപം നമ്മുടെ അനുഭവത്തിൽ മറഞ്ഞിരിക്കാം വാസ്തവ വിരുദ്ധമായ അനുഭവങ്ങൾ ഉണ്ടാകാം ഇത്ര മാത്രമേ ഇതുകൊണ്ട് ഉദ്ദേശിക്കൂ അല്ലാതെ വസ്തുക്കളെ പരസ്പരം താരതമ്യം ചെയ്ത് ബോധിപ്പിക്കുന്നതല്ല രജ്ജിവരസർഫെന്ന് പറയുന്ന ഒരു വസ്തു പ്രപഞ്ചം എന്ന് പറയുന്ന ഒരു വസ്തു ഇത് രണ്ടും ഒരുപോലെയാണ് ഇന്ന് നമ്മളെ പഠിപ്പിക്കാൻ അങ്ങനെ ധരിച്ചു അത് വലിയ വിഡ്ഢിത്വം എന്താണ് ബോധ്യപ്പെടുത്തുന്നത് ഒരു വസ്തു ഒരു വസ്തുവേ ഉള്ളൂ പരമാണ വസ്തു അതിന്റെ പരമാർത്ഥസ്വരൂപത്തെ ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം പലതരത്തിലും അനുഭവപ്പെടാം പലതരത്തിൽ അനുഭവപ്പെടാം ആ പരമാർത്ഥത്തെ ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം എന്ന് പറയുമ്പോൾ അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത് തൻ്റെ തന്നെ ആരാണോ ശ്രോതാവു ആയിരിക്കുന്നത് അവൻ്റെ തന്നെ വാസ്തവ സ്വരൂപത്തെ ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം അവന് വിചിത്രമായ പല അനുഭവങ്ങളും ഉണ്ടാകും തന്റെ വാസ്തവ സ്വരൂപത്തെ ബോധ്യപ്പെടാതിരിക്കുന്നിടത്തോളം കാലം താൻ ശരീരം മനസ്സ് തൻ്റെ പ്രപഞ്ചം പ്രപഞ്ചഘടകങ്ങൾ ഇങ്ങനെയെല്ലാം ഉള്ള അനുഭവങ്ങളുണ്ടാവും ഇക്കാര്യം ബോധ്യപ്പെടുത്തുകയാണ് ഈ ദൃഷ്ടാന്തത്തിനോട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പ്രപഞ്ചം രജ്ജസർപ്പത്തെ പോലെ ഒരു സാധനമാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് അതാണ് പറയുന്നത് തേശം നഭവന്തി ഇവിടെ എന്തെല്ലാം ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ രജ്ജു സർപ്പമായിട്ടോ ആകാശ മലിനം എന്ന് പറയുന്നത് ഈ ആകാശത്തെ കാണുന്നു ആകൃതയും ലോകവും മറ്റുമൊക്കെയാണ് അതാണ് ആകാശമലിനത എന്ന് നിറമില്ലാതിരിക്കുന്ന അതിന് നിറം കാണുന്നു നിറമില്ലാത്ത ഒന്നാണ് ആകാശം അവകാശം ഇടം നമ്മുടെ മുമ്പിലും ഉണ്ടല്ലോ കണ്ണിന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ് ആകാശം ഈ കണ്ണിനും പുസ്തകത്തിനും ഇടയ്ക്കുള്ള ആ ഇടം അതാണ് ആകാശം അവിടെ നിറമില്ലല്ലോഷം വേണ്ടിട്ട് നോക്കിയാൽ അവിടെ നീല നിറം കാണുന്നു ഇങ്ങനെ എന്തൊക്കെ അനുഭവപ്പെടുന്നുണ്ടോ അതൊന്നും അതിൻ്റെതല്ല ആകാശത്തിൻ്റെതല്ല ശരീരാതി പ്രപഞ്ചം അനുഭവപ്പെടുന്നത് തൻ്റെതല്ല അതാണ് ബോധിപ്പിക്കുന്നത് സർപ്പം രജ്ജുവിൻ്റെതല്ലെങ്കിൽ തന്നിൽ അനുഭവപ്പെടുന്ന ഈ ദൃശ്യങ്ങളൊന്നും തൻ്റെതല്ല അത് അനുഭവപ്പെടുന്നില്ലെന്ന് പറയുന്നു അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രജ്ജുവിനെ ബോധിപ്പിക്കും ബോധിക്കുമ്പോൾ സർപ്പം പറഞ്ഞു സത്യത്തെ ബോധിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം പറഞ്ഞു കൊണ്ടേ എന്നൊരു ചോദ്യം വരുന്ന ആ മിഥ്യാധാരണ പ്രപഞ്ചം പറയുന്നതിന് സത്യം ബോധിക്കേണ്ട ആവശ്യം ഒന്നിൻ ഉറങ്ങുക അല്ലെങ്കിൽ സമാധിശീലിക്കുക അല്ലെങ്കിൽ മൂർച്ഛിതനാകുക ഇതേതെങ്കിലും മതി വിസ്മൃതി എന്നുള്ള ആ ഒരു അംശത്തെ സംബന്ധിച്ച് ഇതിനും മൂന്നിനും തുല്യസ്ഥാനമാണ് ഭാഷകാരം കൊടുത്തിരിക്കുന്നു ഞാൻ പറയുന്നത് അപ്പൊ അതല്ല കൂടെ ഉദ്ദേശിക്കുന്നു പ്രപഞ്ചം മറയുന്ന അതുകൊണ്ടാണ് അടുത്ത് ഗഗന മലത്തക്കൂടെ കൊടുക്കുന്നത് എന്താ ഈ കാണുന്ന നിറം ആകാശത്തിൻ്റെതല്ല ഈ മകളിൽ കാണുന്ന ഈ പ്രതലം ആകാശത്തിൻ്റെതല്ല അതെല്ലാം ബോധ്യപ്പെട്ടാൽ ഇത് മറഞ്ഞു പോകും ആകാശം നീല അല്ലാതാവൂ അപ്പൊ അത് കാണുന്നോ മറയുന്നോന്നുള്ളതല്ല കാണുകയും മറയുകയും ചെയ്തോട്ടെ രണ്ടായാലും വിശേഷം ജാഗ്രത കാണുന്നു സ്വപ്നത്തിൽ മറ്റൊന്ന് കാണുന്നു സുഷുതിയിൽ മറയുന്നു സമാധിയിൽ മറയുന്നു ഇതിലൊന്നും വിശേഷത ഇവിടെ ഞാൻ പറയുന്നത് എന്തുകൂടെ ഓർക്കണം ഇത് മറയേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ തന്നെ ഇരിക്കും മറഞ്ഞാലും വിരോധമൊന്നുമില്ല ശ്രുതി മറയുന്നില്ലേ എന്തെങ്കിലും വിശേഷത ഉണ്ടാകില്ല ഇത് അനുഭവപ്പെടുന്നു മറയുന്നല്ല പിന്നെന്താണ് കേഷാം നംഭവന്തി ഇതൊന്നും തന്റേതല്ല എന്നുള്ളതാണ് രജ്ജുവിന്റേതല്ല തർക്കം അത് കാണട്ടെ മറയട്ടെ ശക്തികയുടേതല്ല രചതം ഗഗനത്തിന്റേതല്ല മലം ഈ ബോധം ജാഗ്രതയിൽ വരുക അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ബോധിപ്പിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞത് മിഥ്യാജ്ഞാനാധ്യസ്ഥം മറിച്ച് ഇതെല്ലാം മറിച്ച് തോന്നുക എങ്ങനെ ഇത് സർപ്പമാണ് അല്ലെങ്കിൽ ഞാൻ ഇതാണ് അതിനു തന്നെയാണ് ഈ ശരീരം എന്ന് തോന്നുക ഇതെന്റേതാണ് ഇത് ഈ ബോധത്തിൻ്റെ ഒരു തിരുത്തൽ അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് അതിരുത്തല ഒരു പുതിയ ബോധമായിരിക്കും അതിന് ജ്ഞാനം എന്ന് പറയുന്നു അതുവരെയുള്ള ബോധങ്ങളെല്ലാം കൂടെ ചേർത്ത് പറയും അജ്ഞാനം അജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് അതും സാങ്കേതിക വേദാന്തത്തിനു വലിയ ചർച്ചയാണ് അത് ജ്ഞാനത്തിന്റെ അഭാവമാണോ അതോ അജ്ഞാനം അത് അനുർവചനീയമാണോ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ അവിടെയുണ്ട് രണ്ടു പറഞ്ഞാലും ദോഷമൊന്നുമില്ല കാരണം പരമാർത്ഥം ഇന്നതാണോ ഇവിടെ എന്താണ് ബോധിപ്പിക്കുന്ന തരത്തിൽ ജാഗ്രത്തിൽ അക്ഷപുരുഷനായും സ്വപ്നത്തിൽ സ്വയം പ്രകാശിക്കുന്നവനായും സ്വഴത്തിൽ നിർവിശേഷനായി ഇരിക്കുന്നവനാണ് പരമാർത്ഥം അതാണ് നീ എന്ന് ബോധിപ്പിക്കുന്നു ഈ ബോധം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ബോധത്തിന്റെ അഭാവമുണ്ട് അതിനാജ്ഞാനം ഒന്ന് പറയാം അപ്പൊ അജ്ഞാനത്തെ അഭാവം എന്ന് പറയുന്നത് ദോഷം ഇതുവരെ ഈ ബോധം ഉണ്ടായി അപ്പൊ ഈ ബോധം ഇല്ലാതിരുന്നു അതുകൊണ്ട് ഞാൻ അഭാവം എന്ന് പറയും ഇനി ഇതുവരെ ഒരു ബോധം ഇല്ലായിരുന്നു ഇല്ലല്ലോ ഇതുവരെ പല ബോധങ്ങളും ഉണ്ടായിരുന്നു എന്താണ് അതാ ഞാൻ ഈ ശരീരമാണ് എനിക്ക് ജനനും മരണങ്ങളും ഞാൻ സ്ത്രീയാണ് പുരുഷനാണ് യുവാവാണ് വൃദ്ധനാണ് സന്യാസിയാണ് ഭോഗിയാണ് ത്യാഗിയാണ് ഇത്തരം നാനാ അറിവുകളുണ്ടല്ലോ എന്താ ഈ അറിവുകളൊക്കെ സത്യമാണോ അല്ലല്ലോ ഈ അറിവുകളൊക്കെ പിന്നെന്താ ഇതൊക്കെ അജ്ഞാനമാണോ അങ്ങനെയും പറയാം ഉണ്ടാകുന്നതുവരെയുള്ള എല്ലാ അറിവുകളെയും ചേർത്തിട്ട് നമുക്ക് അജ്ഞാനം അല്ലെങ്കിൽ പരമാർത്ഥബോധം ഇല്ലാതിരിക്കുന്നതുകൊണ്ട് ആ പരമാർത്ഥബോധത്തിന്റെ ഇല്ലാമതിന് അജ്ഞാനം എന്ന് പറയും അതുകൊണ്ട് അതിനൊന്നും ഇനി പണ്ഡിറ്റ് ചർച്ചകൾക്കൊന്നും ഇനി പ്രസക്തിയില്ല പക്ഷേ നമ്മുടെ ആചാര്യന്മാർ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ നടത്തിയ ആചാര്യന്മാർ വിളന്നല്ല പറയുന്നത് അങ്ങനെ നടത്തേണ്ടി വന്ന എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്വൈതത്തിനെതിരായി അദ്വൈത സിദ്ധാന്തത്തിനെതിരായി ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടന്നിട്ടുണ്ട് ഇത് അസംബന്ധമാണെന്ന് സ്ഥാപിക്കാൻ ഒരുപാട് പേര് ശ്രമിച്ചു വിശേഷിച്ച് ശങ്കരാചാര്യത്തിന് ശേഷം അവിടെ വിശേഷിച്ച് മാധവനും രാമാനുജനും മറ്റും അവരുടെ സിദ്ധാന്തങ്ങളെ സ്ഥാപിച്ചപ്പോൾ അവരദ്വൈതത്തെ എതിർത്തിട്ടാണ് അദ്വൈതവും ശരി ഞങ്ങൾ പറയുന്നത് ശരിയെന്ന് പറഞ്ഞിട്ടുണ്ട് നിശിതമായ വ്യക്തികളെ കൊണ്ട് അദ്വൈതത്തെ അവർ നിലംപരിശാക്കി എന്നിട്ടവരുടെ സിദ്ധാന്തത്തെ സ്ഥാപിച്ചു അവരുടെ അനുയായികൾ അതിനെ പിന്തുടർന്നു അങ്ങനെ അദ്വൈത ആചാര്യന്മാർക്കും ഈ വാദ കോലാഹങ്ങളിലേക്ക് എടുത്ത് ചാടേണ്ടി അവർക്ക് ആത്മനിഷ്ഠന്മാരായിരുന്നാൽ മതി പക്ഷെ പോരാ ഭാഷകാരം പറയും ബ്രഹ്മസൂത്രത്തിന് രണ്ടോ അധ്യായത്തിന് അവിടെ പറയും എന്തിനാ ഈ വാദവിവാദങ്ങളിൽ തർക്ക ജാലങ്ങളിലൊക്കെ ചെന്ന് ചാടുന്നു മൂഷക്കളെ വഴിതെറ്റി അവർക്ക് ആശയ കുഴപ്പമുണ്ടാവും സത്യം അറിയാൻ ആഗ്രഹിക്കുന്നവൻ ഈ വാദകോലാഹങ്ങളിൽ പെട്ടിട്ട് വഴിതെറ്റിക്കും അപ്പോൾ അവര് മമ്മൂട്ടുകളിൽ തന്നെ എല്ലാ മന്ദബുദ്ധികളല്ല ബുദ്ധിയുള്ളവരുമുണ്ട് അപ്പോൾ അവർ ചിലപ്പോൾ വഴിതെറ്റും ഈ തർക്കങ്ങളെല്ലാം ആകൃഷ്ടരായിട്ട് മറ്റന്നാളല്ലോ ശരിയെന്ന് ചിന്തിച്ചു പോകും അപ്പൊ ആ വഴിക്ക് സഞ്ചരിക്കാതിരിക്കുന്നതിന് വേണ്ടി ഞാനും ഈ വാഗ് യുദ്ധത്തിലേക്ക് പ്രവേശിക്കണമെന്നും ഭാഷകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാഷകാരന് ശേഷവും ഇത് കൂടുതൽ ആവശ്യമായിട്ട് വന്നു ഈ ദ്വീതികളുമായും മറ്റുള്ള യുദ്ധത്തിൽ അതുകൊണ്ട് അദ്വൈതത്തിൽ ഒരുപാട് പ്രക്രിയകൾ തോന്നുന്നു അതിനാണ് പ്രക്രിയെന്ന് പറയുന്നത് വിചാരശൈലികൾ ചിന്താ പദ്ധതികൾ ഒരുപാട് തോന്നും പലതും ആവശ്യമില്ലാത്തതാണ് ആത്മവിചാരത്തിന് ആവശ്യമില്ലാതെ പക്ഷെ വാദത്തിന് അതൊക്കെ ആവശ്യമുള്ളതുമാണ് അദ്വൈത സി ഖണ്ഡനഖണ്ഡാദ്യം ചിസ്സു എന്ന് പറഞ്ഞു പോകുന്ന ഈ വാദഗ്രന്ഥങ്ങളെല്ലാം ആ ശൈലിയിലുള്ള അവരെല്ലാം തത്വത്തെ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു യുദ്ധരംഗത്തേക്ക് പ്രവേശിച്ചവരാണ് ആചാര്യം പക്ഷെ അതൊന്നും നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യം ഭാഷകാരൻ പോലും അങ്ങനെ ഒരു വഴിക്ക് തിരിയേണ്ടി വന്നു ഭാഷകാരനെ സംബന്ധിച്ച് അന്നുണ്ടായിരുന്നു ബൌദ്ധന്മാര് ജൈനന്മാര് സംഘന്മാര് ന്യായവൈശേഷികന്മാര് വാശുപദ്ധന്മാർ ഭാഗവതന്മാര് ഇങ്ങനെ കുറെ ആൾക്കാരാണ് ഭാഷകാരനെ നേരിടേണ്ടി വന്നു ചാർവാകന്മാര് ഉൽക്കാലത്ത് നിന്ന് അവർക്ക് ദ്വൈതികളായിരുന്നു അവരുടെ പ്രധാന എതിരാളികൾ അതുകൊണ്ടാണ് ആ വാദവിവാദങ്ങളും ഒരുപാട് നൂലാമാലകളെല്ലാമാണ് നമ്മളതിലേക്ക് കിടക്കാതെ ഭാഷയത്തിൻ്റെ രീതിയിൽ തന്നെ പോവുകയാണ് അതുകൊണ്ട് ഇതെല്ലാം കൂടെ നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കുന്നു ആ പുസ്തകത്തിൽ അങ്ങനെ പറഞ്ഞില്ലേ മറ്റിടത്ത് ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെയൊന്നും ചോദിക്കുന്നു ഇവിടെ നേരായ വഴിക്ക് കഷിക്കാരൻ പറയുന്നതിന് പിന്തുടരുവാ ഞാൻ പറയുന്നതിനാണ് അതുകൊണ്ട് അജ്ഞാനം കൊണ്ട് കൽപ്പിതം എന്ന് പറയുന്നതിന്റെ താല്പര്യമതാണ് ഇതൊന്നും പരമാർത്ഥത്തിൽ പരമാർത്ഥമായി നിലനിൽക്കുന്നതല്ല എന്നാണ് ഇതിൻ്റെ എല്ലാ അനുഭവം ഉണ്ട് താനും ഇതെല്ലാം ഈ ജാഗ്രതയിൽ ബോധിക്കണം അതുകൊണ്ട് സശരീരം അശരീരം എന്നെല്ലാം പറയുമ്പോൾ തെറ്റിദ്ധാരണ വരട്ടു അതാണ് ഭാഷകാലിങ്ങനെ വ്യാഖ്യാനിക്കുന്നത് സശരീരത്തോടു കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും താല്പര്യമുള്ളൂ എന്താണ് ഈ ശരീര താതാത്മ്യത്തോടു കൂടി ഇരിക്കുക ഈ ബുദ്ധി ഇതിനോടൊക്കെ താതമ്യപ്പെട്ടിട്ട് ഞാൻ ഇതാണ് അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ചതാണ് എന്താ ഒരാൾക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നല്ലോ ഞാൻ പുരുഷനല്ല ഞാൻ സ്ത്രീയല്ല ഞാൻ യുവാവല്ല വൃദ്ധനല്ല ഇതൊക്കെ ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നു ഇതാണ് സശരീരത്വം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ ശരീരം എന്ന് പറയുന്നതോ ഈ താതങ്ങളെ വിടുക അതെങ്ങനെ അശരീരത്വം ഉണ്ടാകും അതിനു വേണ്ടിയിട്ടാണ് സുഹൃത്തിയുടെ ഒരു ദൃഷ്ടാന്തമായിട്ട് എടുക്കുന്നത് അവിടെ അശരീരത്വം അല്ല അവിടെ ഇങ്ങനെ ചിന്തയുണ്ടായിരുന്നു പക്ഷെ സുഷൃത്തിൽ ശരിയാണ് പക്ഷെ ഇവിടെ ബോധം ഉണ്ടല്ലോ ബോധമുള്ളപ്പോൾ ഇതെല്ലാം ഉണ്ടല്ലോ ഇതിനോടൊക്കെയുള്ള താതാത്മ്യം ഉണ്ടല്ലോ ശരി ബോധമുള്ളപ്പോൾ ഇതിനോട് താതാത്മ്യം വേണ്ട അതിനാണ് സ്വപ്നത്തെടുത്ത് കാണുന്നത് അവിടെ എന്താ സ്വയം ചോദിച്ചാൽ അവിടെ ബോധമില്ല ഇതിനോട് താതാത്മ്യം ഉണ്ടായിരുന്നു ഇവിടുത്തെ പുരുഷനുണ്ട് അവിടെ സ്ത്രീയാകുന്നു ഇവിടുത്തെ മനുഷ്യൻ അവിടെ പക്ഷിയാകുന്നു ഇവിടെ ചിറകില്ലാത്തവൻ അവിടെ ചിറക് മുളയ്ക്കുന്നില്ല അപ്പോൾ സ്വയം പ്രകാശത്തും ഇങ്ങനെ ഓരോ പടിപ്പടിയായി ഇതിന്റെ ജാഗ്രത മനസ്സിലാക്കണം അതാണ് അശരീരത്വം ഇവിടെ പറഞ്ഞ ഉപദേശത്തിന്റെ സ്ഥലത്തെ സംക്ഷേപിക്കണേന സശരീരസ്യ പ്രിയാപ്രിയ ഒരു അപഹതരും ഇത് വ്യാഖ്യാനം വ്യാഖ്യാതം ഞാൻ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്റെ വ്യാഖ്യാനം എന്ന് ഭാഷകാരം പറയുന്നത് എന്താണോ നമ്മൾ സാധാരണ പറയുന്നത് വ്യാഖ്യാനമല്ല മതപ്രഭാഷണമല്ല ഞാൻ പറയുന്ന എന്റെ താല്പര്യം അതിന് മനസ്സിലാക്കേണ്ടത് സ ശരീരത്തും അശരീരത്തും എന്നുള്ള രീതിയിലാണ് സ ശരീരത്തോടുകൂടി ഇരിക്കുകയാണെങ്കിൽ പ്രിയാപ്രിയങ്ങൾക്ക് അപഹതിയില്ല നാശമില്ല ഇഷ്ടാനിഷ്ടങ്ങളുടെ നാശമില്ല സുഖ ദുഖങ്ങളുടെ നാശമില്ല ഇപ്പോൾ ഈ ശരീരത്തോടുള്ള ഈ താതാന്യത്തോടുകൂടി ഇങ്ങനെയിരിക്കും ഈ ജാഗ്രത തന്നെ ആയിരിക്കും അവിടെ ഇഷ്ടാനിഷ്ടങ്ങൾ അപ്പം ഇഷ്ടം അതിനും വലിയ ഇഷ്ടം ഈ വലിയ വലിയ ഇഷ്ടങ്ങൾക്കൊരു അവസാനമില്ല എന്നുള്ളത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ഏറ്റവും വലിയ ആനന്ദത്തെക്കുറിച്ചൊക്കെ ആനന്ദത്തിന്റെ താരതമ്യത്തെ കുറിച്ച് അറിഞ്ഞു സാധു യുവാവിന്റെ ആനന്ദം എത്രയോ വലിയ ആനന്ദമാണ് അതിനും വലിയ ആനന്ദമാണ് ഇങ്ങനെ ആനന്ദം അതിനൊരു അവസാനമില്ല അതിനൂടെ ഒറ്റവാക്കി പറഞ്ഞു പ്രിയം ശരീരത്തോടുകൂടിയിരുന്നാൽ ഈ പ്രിയം പ്രിയപ്രതീക്ഷകൾ പ്രിയ അനുഭവങ്ങൾ ഇങ്ങനെ ഇരിക്കും അതൊന്നുമില്ല അതിന്റെ അനുഭവ ദൃഷ്ടാന്തമാണ് സുഷം നമ്മുടെ അശരീരനായിരിക്കും നമ്മുടെ പ്രിയപ്രിയങ്ങളെല്ലാം എന്ന് ആത്മാവിനെ കുറിച്ച് ബോധിക്കണം അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് എന്ന് തന്നെ കുറിച്ച് ബോധിക്കണം ആത്മാവിനെ കുറിച്ചെന്ന് പറയുമ്പോഴും അന്യ അന്യമായ എന്തോ ഒന്നിനെ കുറിച്ച് ബോധിക്കണമെന്ന് വരും തന്നെ കുറിച്ച് ബോധിക്കണം ബോധിച്ചല്ലോ പോട സംശയരഹിതമായി ബോധിക്കും സംശയരഹിതമായി തന്നെ ബോധിച്ചിരിക്കും പക്ഷെ കഴിയുമ്പോൾ ഇന്ദ്രൻ ബോധിച്ചതുപോലെയോ കൃതകൃത്യനും ശാന്തഹൃദയനുമായെങ്കിലും വീണ്ടും അസ്വസ്ഥ ആ ബോധം അറിവില്ലായ്മ അവശേഷിച്ചിരുന്നു അത് പോകണം അങ്ങനെ ബോധിക്കും അതിനുവേണ്ടി ആണ് അശരീരത്വത്തെ കുറിച്ച് പറയുന്നത് അപ്രിയേത്ത് ഇവേ അപ്രിയ ഇത്രയുള്ള ഒരു ഇവയും ഒരു ഏവയും ഈ രണ്ട് ശബ്ദങ്ങളിലൂടെ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇവാ പറഞ്ഞാൽ പോലെ എന്ന് പറഞ്ഞാൽ തന്നെ നിസ്സാരമായ രണ്ടു വാക്കുകളിലൂടെ അദ്വൈതത്തിന്റെ മുഴുവൻ രഹസ്യത്തെയും ഭാഷകാരനും കൂടെ വെളിപ്പെടുത്തുകയാണ് എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഉപദേശിച്ചാണ് അനുഭവത്തിൽ വ്യത്യാസമൊന്നും കാണുന്നില്ലല്ലോ എന്നാണ് ഇവിടെ പറയുന്നത് യുവ അതിനീകരിക്കുന്നു നിങ്ങളുടെ അനുഭവത്തിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല പക്ഷെ ഇതാണല്ലോ നേരത്തെ പറഞ്ഞി യുവ പറഞ്ഞ പോലെ അപ്രേമിയത്തെ യുവ ഈ അപ്രിയാനുഭവങ്ങൾ ഉള്ളതുപോലെ അപ്രിയാനുഭവം വാസ്തവത്തിൽ തന്നിലില്ല എന്നാലും ഉള്ളതുപോലെ സുഖുഃഖം തന്നിലില്ല ആനന്ദം തന്നിലില്ല അതിന് വിപരീതവും തന്നിലില്ല എന്നാലും ഉള്ളതുപോലെ എന്നും ധരിച്ചാണ് മറിച്ച് ധരിക്കരുത് എന്താണ് അപ്രിയവേത്ത അങ്ങനെ ധരിക്കരുത് ഇതെല്ലാം ഉണ്ട് അതാണിപ്പോ ധരിച്ചിരിക്കുന്നത് സുഖമുണ്ട് ദുഃഖമുണ്ട് ആനന്ദമുണ്ട് എന്ന് ധരിച്ചിരിക്കുന്നു ഇതൊക്കെ തന്നിലുണ്ടെന്ന് ഇതൊന്നും തന്നിലില്ല അതിനു വേണ്ടിയിട്ടാണ് സുഷൃതി വരെ പോയത് എന്നിട്ട് അവിടെ അവസാനിപ്പിച്ചു അതിനപ്പുറം ഇവിടെ എന്തെങ്കിലും പറഞ്ഞോ വേറെ ഏതെങ്കിലും തുലിയനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ടോ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷൃതിയിലും ഉള്ള തുലിയനെ കുറിച്ച് ഇവിടെ പറയുന്നു അത് അവിടെ ധരിക്കുന്നെന്താണ് അപ്രിയവേ വ ഞാനങ്ങനെ അല്ല ഈ അനുഭവങ്ങളെല്ലാം ഉണ്ട് ഈ ശരീര താതാത്മ്യമുണ്ട് സോതുക്ക താതാത്മ്യമുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ അല്ല സദാ ഞാൻ ഈ എന്തുകൊണ്ട് തൻ്റെ സ്വരൂപം സ്വയം ജ്യോതിസാണോ തൻ്റെ സ്വരൂപം നിർവിശേഷമാണോ എന്തായാലും സ്വയം ജ്യോതിസായും നിർവിശേഷവുമായിരുന്നു താനാണെന്നുള്ള കാര്യം അനുഭവം കൊണ്ടോ യുക്തി കൊണ്ടോ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയല്ല എന്നാർക്കും പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും സ്വീകരിക്കും ജീവിതത്തിൽ മൂന്നവസ്ഥ ഒന്ന് ജാഗ്രത മറ്റൊന്ന് സ്വപ്നം മൂന്നാമത് സുഷുതി ഈ രണ്ടവസ്ഥകളിലും സ്വപ്നത്തിനും സുഷുതിയിലും തന്റെ സ്വയം പ്രകാശത്വവും നിർവിശേഷത്വവും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കേവലമായി ഒരവസ്ഥ മാത്രം എങ്ങനെ പ്രാമാണികമായി സ്വീകരിക്കണം മൂന്നിൽ രണ്ടിനാണോ ബലോ അതേ ഒന്നിനാണോ മൂന്നെണ്ണം മുമ്പിൽ വരുമ്പോ ഭൂരിപക്ഷം ആർക്കാ രണ്ടിനെ അതായത് ഒന്നിനെപ്പോഴെങ്കിലും ഭൂരിപക്ഷമുണ്ട് ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് യുക്തിയും അനുഭവവും ഇത് ഇവ അപ്രിയവേത്ത ഇവ അപ്രിയവേത്ത ഏവ എന്നല്ല ജാഗ്രത പറയുന്നു എന്താണ് അപ്രിയവേത്ത ഏവ ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നു എനിക്കിതിൽ നിന്നൊന്നും മോചനമില്ല ഞാൻ സശരീരനായിരിക്കുന്നു പക്ഷെ സ്വപ്ന അപ്പൊ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തീരുമാനിക്കണം ഇതുപോലെ ഇവിടെ ഞാൻ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ അനുഭവിക്കുന്നത് പോലെയാണ് ഈ അനുഭവം പരമാർത്ഥമല്ല ഇതിൽ മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട് ഇത് ബോധിക്കുന്നതിന് എന്താ തടസ്സം ഭൂരിപക്ഷത്തെ അംഗീകരിക്കുന്നതിന് എന്താ ജനാധിപത്യത്തിന്റെ കാലമാണ് ഭൂരിപക്ഷത്തെ സ്വീകരിക്കുന്നതിനെന്താ ജനാധിപത്യ മര്യാദ അനുസരിച്ച് സ്വീകരിക്കും ഭൂരിപക്ഷം സ്വീകരിക്കുകയാണെങ്കിൽ ജാഗ്രതനെ വോട്ട് ചെയ്യാൻ പറ്റത്തില്ല സ്വപ്ന സുഹൃത്തുക്കൾക്കനുസരിച്ച് എന്താണോ അപ്രിയവേത്ത ഇവ ഇവിടെ അതനുസരിച്ച് പിന്നെ ഇവിടെ സ്വീകരിക്കും ഇവിടെ അപ്രിയവേത്താവായിരിക്കുന്നു അപ്രിയവേത്തു പറഞ്ഞാൽ ഈ അനുഭവങ്ങളെല്ലാം ചേർത്ത് പറയുകയാണ് സ്വതൃക്കാനുഭവങ്ങൾ ഇവിടെ തോന്നുന്ന എന്താണ് ഇതൊക്കെ ഞാൻ ഇങ്ങനെയിരിക്കുന്നു പക്ഷെ ഇവിടെ ബോധിക്കണം ഇത് ഇതുപോലെ ഇതൊക്കെ ഞാൻ അനുഭവിക്കുന്നത് പോലെ സ്വപ്ന സുഷുതികളുടെ ബലത്തിൽ ഇത് സിദ്ധം എന്ന് ഭാഷകാരൻ പറയുന്നു ഇത് ദൃഢമായി ഇതിനെ ബോധിക്കുന്ന ഒരുവനത് ദൃഢമായി എന്നാണ്